മറിയമ്മിന്റെ മകൻ ഈസാ അലിഹിസ്സലാം പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ ആദ്യത്തെവർക്കും അവസാനത്തെവർക്കും ഒരു ആഘോഷമായിരിക്കുകയും നിന്നിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമായിരിക്കുകയും ചെയ്യുന്ന ഒരു ഭക്ഷണമേശ ആകാശത്തുനിന്ന് ഞങ്ങൾക്ക് ഇറക്കിത്തരണമേ ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകണമേ നീയാണല്ലോ ഏറ്റവും ഉത്തമനായ ഉപജീവനദാതാവ്